ധ്യായം ഏഴ് അനന്തരം ഗിതയോൻ എന്ന യരുബാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോത് ഉറവിനരികെ പാളയമിറങ്ങി മിഥ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോരേ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു യഹോവ ഗിതയോനോട് നിന്നോടു കൂടെയുള്ള ജനം ധികമാകുന്നു എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിത്യാന്യരെ ഇവരുടെ കൈയിൽ ഏൽപ്പിക്കയില്ല ആകയാൽ നീ ആർക്കെങ്കിലും ഭയവും ഭീരതയുമുണ്ടെങ്കിൽ അവൻ ഗലയാത പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാറെ ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു യഹോവ പിന്നെയും ഗിതയോനോട് ജനം ഇനിയും അധികമാകുന്നു അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോകാം അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാ ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി യഹോവ ഗീതയോനോട് പട്ടി നക്കിക്കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായ്ക്കുവച്ച് നക്കിക്കുടിച്ചവർ ആകെ മുന്നൂറ് പേർ ആയിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകൊത്തി കുഞ്ഞു യഹോവ ഗീതയോനോട് നക്കിക്കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാന്യരെ നിന്റെ കൈയിൽ ഏൽപ്പിക്കും ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി ശേഷം ഇസ്രയേലരെയൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ മുന്നൂറ് പേരെ നിർത്തുകയും ചെയ്തു എന്നാൽ മിത്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിൽ ആയിരുന്നു അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാൽ അവർ നിനക്ക് ധൈര്യം വരും അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു എന്നാൽ മിത്യാന്യരും അമാലേക്കരും കിഴക്ക് വെട്ടുക്കിളി എന്ന അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ ഗിതയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു യവയപ്പം മിഥ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണുകിടന്നു എന്ന് പറഞ്ഞു അതിന് മറ്റവൻ ഇത് യോവാശിന്റെ മകനായ ഗീതയോൻ എന്ന ഇസ്രയേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം മിഥ്യാന്യനെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു ഗീതയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രയേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു എഴുന്നേൽപ്പീൻ യഹോവ മിത്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ ആ പേരെ മൂന്നു കൂട്ടമായി വിഭാഗിച്ചു ഓരോരുത്തന്റെ കൈയിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവേ പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യാനും എന്നോടുകൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗീതയോനും വേണ്ടി എന്നു പറവി മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗീതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്നു കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വനത്തുകൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗീതയോനും വേണ്ടി വാൾ എന്നാർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു പാളയമെല്ലാം പാച്ചൽ തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളമൂതിയപ്പോൾ യഹോവാ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു സൈന്യം സെരേര വഴിയായി ബേത് ശിത്താവരെയും തബത്തിനരികെയുള്ള ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി ഇസ്രയേല്യർ നഫ്താലിയിൽ നിന്നും ആഷേരിൽ നിന്നും മനശയിൽ നിന്നൊക്കെയും ഒരുമിച്ചുകൂടി മിഥ്യാന്യരെ പിന്തുടർന്നു ഗിതയോൻ യഫ്രൈം മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു മിത്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്കുമ്പെ കൈവശമാക്കിക്കൊള്ളുവീൻ എന്നു പറയിച്ചു അങ്ങനെ തന്നെ യഫ്രൈമ്യർഒക്കെയും ഒരുമിച്ചുകൂടി ബേത് ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി ഓരേ സേബ് എന്ന രണ്ട് മിത്യാന്യപ്രഭുക്കന്മാരെ അവർ പിടിച്ചു ഓരേബിനെ ഓരേപ്പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിന് അരികെയും വച്ച് കൊന്നിട്ട് മിഥ്യ അന്യരെ പിന്തുടർന്നു ഓരേബിന്റെയും സേബിന്റെയും തല യോർദനക്കരെ ഗിതയോന്റെ അടുക്കൽ കൊണ്ടുവന്നു